ം അഞ്ച് അനന്തരം ഇസ്രയേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവിദിന്റെ അടുക്കൽ വന്നു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ മുമ്പ് ഷൌൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായി ഇസ്രയേലിനെ നടത്തിയത് നീയായിരുന്നു നീ എന്റെ ജനമായ ഇസ്രയേലിനെ മേക്കുകയും ഇസ്രയേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇസ്രയേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ എടുക്കൽ വന്നു ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നദ്ധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു അവർ ദാവീദിന് ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു അവൻ നാൽപ്പത് സംവത്സരം അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് ഏഴ് സമ്മത്സരവും ആറു മാസവും യരുഷലേമിൽ എല്ലാ ഇസ്രയേലിനും യഹൂദയ്ക്കും സമ്മത്സരവും രാജാവായി വാണു രാജാവും അവന്റെ ആളുകളും യരുഷലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യബൂസിയറുടെ നേരെ പുറപ്പെട്ടു ദാവിദനവിടെ കടപ്പാൻ യില്ലെന്നുവെച്ച് അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതിയെന്ന് പറഞ്ഞു എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു അതുതന്നെ ദാവീദിന്റെ നഗരം അന്ന് ദാവീദ് ആരെങ്കിലും യബൂസിയരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരേയും പിടിക്കട്ടെ എന്നു പറഞ്ഞു അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല് നടപ്പായി ദാവീദ് കോട്ടയിൽ വസിച്ചു അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു സൈന്യങ്ങളുടെ ദൈവമായ ഹോവ തന്നോടു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു അവർ ദാവീദിന് ഒരു അരമന പണിതു ഇങ്ങനെ യഹോവ ഇസ്രയേലിൽ തന്നെ രാജാവായി അവന്റെ ജനമായ ഇസ്രയേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരുഷലേമിൽ വെച്ച് വെപ്പാട്ടികളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു ദാവീദിന് പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു യെരുഷലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരുകളിത് ഷമുവോഭാബ് നാഥാൻ ഷലോമോൻ ഇബാർ എലിശുവേഫ് യാഫിയ എലിഷാമ എലിയദാവ് എലിഫെലേത് എന്നാൽ ദാവീദിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫിലിസ്തീർ കേട്ടപ്പോൾ ഫിലിസ്തീർ ഒക്കെയും ദാവിദിനെ പിടിപ്പാൻ വന്നു ദാവിദ് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു ീർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഫിലിസ്തീരുടെ നേരെ പുറപ്പെടേണമോ അവരെ എന്റെ കൈയിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു പുറപ്പെടുക ഞാൻ ഫിലിസ്തീരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവിദിനോട് അരുളി അങ്ങനെ ദാവീദ് ബാൽപെരാസീമിൽ ചെന്നു അവിടെ വെച്ച് ദാവിദ്വരെ തോൽപ്പിച്ചു വെള്ളച്ചാട്ടം പോലെ ഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന പേർ പറഞ്ഞുവരുന്നു അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടച്ചുപോയി ദാവീദും അവന്റെ ആളുകളും അവയെ എടുത്തുകൊണ്ട് പോന്നു ഫെലിസ്തീർ പിന്നെയും വന്ന് രഫായിം താഴ്വരയിൽ പരന്നു ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ നേരെ ചെല്ലാതെ അവരുടെ പിൻപുറത്തുകൂടി വളഞ്ഞു ചെന്ന് ബാഖാവൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേരിടുക ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന പോലെ കേൾക്കും അപ്പോൾ വേഗത്തിൽ ചെല്ലുക ഫിലിസ്റ്റ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്കു മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി യഹോവ കൽപ്പിച്ചതുപോലെ ീദ് ചെയ്തു ഫെരിസ്തരെ ഗേപ മുതൽ ഗസർവരെ തോൽപ്പിച്ചു